എല്ലാം പുതുതാക്കുന്ന ദൈവം പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എന്നാണ് പലരും പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് സകലരും നട്ടംതിരിയുന്നു തൊഴിലില്ലായ്മയുടെ രൂക്ഷതയും രോഗങ്ങളുടെ പെരുകലും എവിടെയും കാണുന്ന ആത്മീയ ജീർണതകളും അനേകരുടെ മനസ്സിടിച്ചു കളയുകയാണ് യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ ഇവയും ലോകത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഉൾകണ്ഠ വർദ്ധിപ്പിക്കുന്നുണ്ട് ഒടത്തും സമാധാനമില്ല പ്രത്യാശാൻ ഒന്നുമില്ലാതായിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ രാഷ്ട്രീയത്തിലും ഗവൺമെൻറ്റിലുമെല്ലാം അഴിമതി നിറഞ്ഞിരിക്കുന്നു സ്നേഹം വറ്റിപ്പോയ ഹൃദയങ്ങളാണെവിടെയും ഇങ്ങനെ നിരാശപ്പെടാൻ നിരവധി കാരണങ്ങൾ നമുക്കുണ്ട് എന്നാൽ ഈ സാഹചര്യങ്ങളിലെല്ലാം ഒരു ദൈവവിശ്വാസിയുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം ചുറ്റുമുള്ള സാഹചര്യങ്ങളല്ല നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത് മറിച്ച് സാഹചര്യങ്ങൾക്കതീതനായ ദൈവമാണ് ആ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് അവിടുത്തെ ഹിതമനുസരിച്ച് ചുവടുകൾ വയ്ക്കുന്നവന് ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടുവാൻ കഴിയും എന്നാൽ പലരും ചുറ്റുമുള്ളവരുടെയും ചുറ്റുപാടുകളുടെയും കുറവുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ മനസ്സിൻ്റെ ധൈര്യം നഷ്ടപ്പെട്ടു ഇസ്രായേലിലെ നവജാതരായ ആൺസന്തതികളെയെല്ലാം വധിക്കാൻ ഉത്തരവിട്ട അതേ ഫറവോയുടെ കൊട്ടാരത്തിൽ തന്നെ ഇസ്രായേൽ ബാലനായ മോശയെ വളർത്തിയ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ് ക്ഷാമത്തിന്റെ നാളുകളിൽ ഏലിയ പ്രവാചകന് കാക്കകൾ വഴി അപ്പം എത്തിച്ചു കൊടുത്ത കർത്താവാണ് നിന്റെയും ദൈവം പിന്നെ എന്തിന് നീ ഭയപ്പെടണം സിംഹക്കുഴിയിൽ വിശന്നിരുന്ന ദാനിയേലിന് ഹബക്കൂക് പ്രവാചകൻ വഴി ഭക്ഷണമെത്തിച്ചു കൊടുത്ത ദൈവത്തെ നാം മറന്നുപോയോ പഴയ നിയമത്തിലെ ജോസഫിന് സഹോദരന്മാരാൽ പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടപ്പോൾ എന്താണ് പ്രതീക്ഷിക്കാനുണ്ടായിരുന്നത് അടിമയായി വിൽക്കപ്പെട്ടപ്പോഴും ചെയ്യാത്ത തെറ്റിന് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും അവൻ നിരാശനായി തീരേണ്ടതായിരുന്നു എന്നാൽ ദൈവത്തിലുള്ള പ്രതീക്ഷ പ്രതികൂലങ്ങളുടെ നടുവിലും ജോസഫിനെ പ്രത്യാശാഭരിതനാക്കി മാറ്റി കാരാഗൃഹത്തിൽ നിന്നും ഈജിപ്തിൻ്റെ ഭരണാധികാരിയാക്കി ജോസഫിനെ ഉയർത്തിയ ദൈവം തന്നെയാണ് നമ്മുടെയും ദൈവം ഏത് സാഹചര്യത്തിലും നമ്മെ പോറ്റാനും വഴി നടത്താനും കർത്താവിന് കഴിയും ലോകം എങ്ങനെയുമായിക്കൊള്ളട്ടെ നാം കർത്താവിനോടൊപ്പമായിരിക്കുക നമ്മുടെ ദൈവം കരുതലുള്ളവനാണ് അവിടുന്ന് പച്ചയായ പുൽപ്പുറങ്ങളിലേക്കും സ്വസ്ഥതയുള്ള ജലാശയത്തിലേക്കും നമ്മുടെ ജീവിതത്തെ നയിക്കും മരണത്തിൻ്റെ നിഴൽവീണ താഴ്വരയിലൂടെ നടന്നു പോകുമ്പോഴും ദാവീതിന് ഈ പ്രത്യാശയുണ്ടായിരുന്നു എഷയ്യ അൻപത്തിയെട്ട് പതിനൊന്ന് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും അവിടുന്ന് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരൊറവയും പോലെയാകും നീ പ്രാർത്ഥന ഇസ്രായേലിൻ്റെ ദൈവമേ ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു മരുഭൂമിയിലെ പൊരിവെയിലിൽ ജലം കിട്ടാതെ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളിലും ഇസ്രായേൽ ജനത്തിന് പാറ പിളർന്ന് ജലം നൽകിയ കർത്താവെ ഏത് പ്രതിസന്ധിയിലും അങ്ങേക്കിടപെടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം അവിടുത്തെ കരങ്ങളിൽ ഭദ്രമാണെന്ന് ഞാൻ സ്വയം പ്രഖ്യാപിക്കട്ടെ നാദാ പ്രശ്നങ്ങളിലേക്കും പ്രതികൂലങ്ങളിലേക്കുമല്ല എന്റെ രക്ഷകനായ അങ്ങയിലേക്ക് തന്നെ ഞാൻ മുഖമുയർത്തുന്നു എന്നെ വഴി നടത്തിയാലും ഷെവലിയാർ ബെന്നി പുന്നത്തറയുടെ ആത്മാവിൻ്റെ എന്ന പുസ്തകത്തിലെ ഒരു പ്രസക്ത ഭാഗമാണ് നാം ഇപ്പോൾ കേട്ടത് നിരവധി ഗ്രന്ഥകർത്താക്കളുടെ ഇത്തരത്തിലുള്ള ആത്മീയവും പ്രചോദനാത്മകവുമായ പുസ്തകങ്ങളുടെ പേപ്പർ ബാക്ക് അല്ലെങ്കിൽ ഇൻ്റൽ ഡിജിറ്റൽ എഡിഷൻ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഡബ്ല്യൂ സന്ദർശിക്കുക